മേഘങ്ങൾ പോലെ തിരമാലകൾ അവരെ മൂടുമ്പോൾ അവർ അള്ളാഹു സുബാനഹുവ ചായ ഏകദൈവമായി വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നാൽ അവൻ അവരെ കരയിലേക്കെത്തിക്കുമ്പോൾ അവരിൽ ചിലർ മിതമായി പെരുമാറുന്നു വഞ്ചകനും സത്യനിഷേധിയുമായവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയുള്ളൂ